ീ ശാത്തപാവനവചിന്യവൈഭവം തന്നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക് തിലം മഹ ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദിവോ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനീം വ്യോമവ്യാപ്തേഹിമൂർത്തേ നമ ഹരി ഓ പാർ പ്രതിബോധിതം ഭഗവത സ്വയം വ്യാസേന मध्ये പുരാണമുനി മധ്യേ മഹാഭാരത അദ്വൈതമൃതവർഷിണ അദശാധ്യനീ അംബ റമനുസാധി ഭഗവത്ഗീതീ നമോസ്തു തേവ്യസവിശാലുദ്ധേ ഫുൽാലിന്ദ് പത്രേത്രയാ ഭാരതൈലപൂർണ പ്രജ്വാലിതോണമയ പ്രദീപ പ്രപന്നിജാതോത്രേത്രൈകാണേ ജാനമുദ്രാ കൃഷ്ണ ീതൃുഹേ സർപനിഷദോ ഗാവോ ദോ ഗോപാളനന്ദന പാർോ വത്സുധീർ ദുഗം ഗീതമൃതം മഹത് വസുദേവസുത കംസാണൂരമർദന ദേ ജഗദ്ഗുരു ൂക്കാളം പങ്കു ലംഘയേ ഗിരിയകൃപാഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രദ്രമരുത സ്തുംവന്തി വേദസാംഗപദ്രമോപനിഷദൈ ഗായഗാ ദ്ഗ്യം യോഗിനോ യം നദുസുരാഗണ തസ്മൈ നമ പാർസാരതിരുപേണ ശ്രാവയ ശുഭി പാർയാർത്തി ഹരോ ദൂർത്തി ന नियतं कृतं कर्म उच्यते േഷലപ്രേപ്സുന എ കമ്മ क्रियते വിയതേത്തെ ബഹുരായാസം തദ്രാജസുഹൃതം അനുബന്ധം പേക്ഷദി വിഷയമാണ് ഭഗവാൻ പറഞ്ഞു വരുന്നത് അതില് ജ്ഞാനവും കർമ്മവും ആണ് നമ്മള് നോക്കിക്കൊണ്ടുവന്നത് ജ്ഞാനം സർവഭൂതേഷു ഏനൈകം ഭാവം അവ്യയം ഈക്ഷത്തെ അവിഭക്തം വിഭക്തേഷു തജ്ഞാനം വിധി സാത്വികം നമ്മള് വിസ്താരമായിട്ട് ഇന്നലെ പറഞ്ഞു ഗീതയുടെ വിഷയവും ജ്ഞാനം തന്നെയാണ് അറിവ് ആത്മജ്ഞാനം ഏതൊന്നും അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയാൻ ബാക്കിയില്ലയോ അത് ഒരു സത്സംഗത്തിന് നമുക്ക് കിട്ടേണ്ടതും അത് തന്നെ എല്ലാ വസ്തുക്കളിലും എല്ലാറ്റിനും പുറകിൽ ഇരിക്കുന്ന ആ ഭഗവത് തത്വം ഈശ്വര ചൈതന്യം ആത്മാവിനെ കാണുന്ന അറിവ് ഒരാൾക്ക് കിട്ടുന്നത് തൻ്റെ ഉള്ളിൽ അത് കണ്ടു കഴിയുമ്പോൾ മാത്രാണ് തന്നിലത് കാണാതെ പുറത്തത് കാണാൻ വഴിയൊന്നുമില്ല ദൃഷ്ടയേവ ആത്മനി ഈശ്വരേ എന്ന് ഭഗവാൻ എന്ന് ഭാഗവതം പറഞ്ഞു ആത്മനി ഈശ്വരേ ദൃഷ്ടേ ആത്മാവനെ അറിയുന്നതാണ് ഈശ്വരനെ അറിയുന്നത് എന്ന അറിവാണ് വേദാന്തം ബ്രഹ്മവിദ്യ അത് ലോകത്തിൽ സാധാരണ എവിടെയും കിട്ടില്ലല്ലോ നമുക്ക് ഈശ്വരൻ അമ്പലത്തിലുണ്ട് നമ്മൾ വീട്ടിലുമുണ്ട് അറിയാനുള്ള വിഷയം പുറത്തുമുണ്ട് അറിവെന്ന് പറയുന്നത് മസ്തിഷ്കത്തിലും ബ്രെയിനിലും ഉണ്ട് ജീവിതത്തില് ദുഃഖവുമുണ്ട് എല്ലാം സമാനായി അറിവ് അറിയുന്നവനിൽ അഭിമുഖമായിട്ട് തിരിയുന്നു തന്റെ യഥാർത്ഥ സ്വരൂപം എന്താണ് താൻ ആരാണ് ഞാൻ ആരാണ് ഞാൻ എന്ന് പറയണത് എന്താണ് ധ്യാനത്തിലൂടെ വിചാരത്തിലൂടെ അവനവന്റെ അഹങ്കാരത്തിനെ ആരാഞ്ഞു നോക്കുകയാണ് ഈ അഹം ഞാൻ എന്ന് പറയണതിൻ്റെ സ്വരൂപത്തിനെ ആരാഞ്ഞു നോക്കുകയാണ് അഹമഹമെന്ന് അരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ലതേകമാകും അകലും അഹന്ത അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു അഹം അഹം എന്നുള്ളിലിങ്ങനെ തുടിക്കുന്നത് എന്താണെന്ന് അന്വേഷിച്ചു നോക്കുമ്പോൾ നാരായണഗുരുസ്വാമിയുടെ ആത്മോപദേശ എന്ന് പറഞ്ഞ് മലയാളത്തിലുള്ള ഒരു കൃതിയാ അത് േറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തുപുറത്തും ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകളഞ്ചുമുള്ളടയ്ക്ക് തെരുതെരെ വീണു വണങ്ങി വൂതിടേണം ഗീതയുടെ വിഷയവും ഉപനിഷത്തിന്റെ വിഷയം തന്നെയാണ് ഉപനിഷ എന്നുവച്ചാൽ തന്നെ ജ്ഞാനം എന്നർത്ഥം തന്നെ അറിയ തന്റെ സ്വരൂപം എന്താണെന്നറിയ ആ അറിവാണ് സാ വിദ്യാ വിമുക്തയെ ഏതറിവ് കൊണ്ട് ഒരാൾ ഫ്രീ ആവും സ്വതന്ത്രമാവും ഏതറിവുകൊണ്ട് മനസ്സും ഇന്ദ്രിയൊക്കെ പ്രസന്നം ശാന്തമാവും ഏതറിവ് കൊണ്ട് നമുക്ക് മരണമില്ലായുമാ അനുഭവത്തിൽ വരുമോ ഈ മരിച്ചു ശരീരത്തിന്റെ ഉള്ളില് മരണമില്ലാത്ത ഒരു സത്യം അമൃതമായൊരു സത്യം അനുഭവത്തിൽ വരും ആ അറിവിനെ ജ്ഞാനം എന്ന് പറഞ്ഞു അങ്ങനെയല്ലാതെ മനസ്സ് ഉപയോഗിച്ച് അറിയുന്ന അറിവ് നമ്മളുടെ സ്വരൂപം തന്നെ അറിവാണ് സ്വരൂപം നമ്മളുടെ നേച്ചറും അത് ബോധസ്വരൂപമാണ് അതിനെ അറിയുന്നതിന് പകരം മനസ്സിനെ പുറത്തുവിട്ട് നമ്മൾ പലതും അറിയുന്നുണ്ടല്ലോ ആ അറിവ് സെക്കൻഡ് ഇൻഫർമേഷൻ സ്കൂള് പഠിക്കണത് കോളേജില് പഠിക്കണത് ആ അറിവിന് നമ്മൾക്ക് ഒരു സംബന്ധവുമില്ല അത് കമ്പ്യൂട്ടറിൽ കിടക്കുന്നതിന് പകരം നമ്മളുടെ ബ്രെയിനിൽ കിടക്കണോ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊക്കെയോ പഠിച്ചു ഇപ്പൊ വലുത് ഓർമ്മയുണ്ടോ സ്കൂളിൽ പരീക്ഷ എഴുതി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അത് മറന്നുപോയി കളയും ആ അറിവ് ബുദ്ധിയിൽ ഒരു വൃത്തി ആ അറിവ് കൊണ്ട് എനിക്ക് ശാന്തി ഒന്നും ഉണ്ടായില്ല ഖണ്ഡമായ പൂർണ്ണമായ ഒരു നിലനിൽപ്പിന്റെ അറിവുണ്ടായില്ല അങ്ങനെയുള്ള അറിവിനെ രാജസം എന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം പറ്റിക്കൂടി കിടക്കുന്ന അറിവിനെ താമസം എന്ന് പറഞ്ഞു ഭക്തിയും അതുപോലെ തന്നെ ഭഗവാൻ ഒരു മൂർത്തിയിൽ മാത്രം അത് പ്രാകൃതം താമസം എന്ന് പറഞ്ഞതിന് പകരം ഭക്തിയിൽ അതിന് പ്രാകൃതം എന്ന് പറഞ്ഞു ഭഗവാന്റെ അടുത്ത് ഭക്തി ഭഗവത് ഭക്തന്മാരുടെ അടുത്ത് മൈത്രിഭാവം ഭക്തി ഇല്ലാത്തവർക്ക് ഭക്തി വേണം എന്ന് പറഞ്ഞൊരു ഉദ്യമം പ്രചാരം ഇത് ഉത്തമഭക്തി എന്താന്ന് വെച്ചാൽ സർവഭൂതേഷു യഹ് പശ്യേത് ഭഗവത്ഭാവം ഭഗവത് അനുഭൂതി എന്ന് പറയുന്നത് വാസ്തവമായിട്ട് തീരുക സാക്ഷാത്കാരം അതൊരു ജീവൻ ഒരു സാധകൻ എപ്പോഴും അത് മുമ്പിൽ ലക്ഷ്യത്തിൽ വയ്ക്കണം അപ്പോ ഒരു മൂർത്തി പൂജ ചെയ്യുന്നത് ആ ലക്ഷ്യത്തിൽ കൊണ്ടുചെന്ന് പലർക്കും അങ്ങനെ ഒരു ഐഡിയ ഇല്ല രാമകൃഷ്ണ പരമംശ്വർ പറഞ്ഞു ഭഗവാൻ ഉണ്ടെങ്കിൽ സാക്ഷാത്തായിട്ട് അനുഭവിക്കണം ഒരു കള്ളനൊരു മുറിയിൽ കിടക്കണോ അടുത്ത മുറിയിൽ ധാരാളം പണുണ്ടെങ്കിൽ ഇയാൾക്ക് ഉറങ്ങാൻ പറ്റോ ഇയാൾ കള്ളനാണെങ്കിൽ ഉറങ്ങോ എങ്ങനെയെങ്കിലുമൊക്കെ ആ മുറി പൊട്ടിച്ച് ആ ധനം അപഹരിക്കണം എന്ന് നോക്കും അല്ലേ അതുപോലെ ഈ ജീവന് ഭഗവാൻ ഉണ്ടെന്നും അത് സത്യമാണെന്നും വാസ്തവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മിണ്ടാതിരിക്കോ അത് സാക്ഷാത്കരിക്കാനോ ഉദ്യമിക്കാതെ ഇരിക്കാനോ ഒക്കുവോ പറയൂ വെറുതെ ഒരു അമ്പലത്തിന് മുമ്പിൽ പോയി ഇങ്ങനെ നമ്മൾ കോടാലി നമസ്കാരം എന്നാണ് പറയാ ദൈവം ഉണ്ടെങ്കി കോപിക്കാതിരിക്കട്ടെ എന്നാണ് അതിനർത്ഥം ശ്രീരാമകൃഷ്ണദേവന് ഒരു കാളിയുടെ മൂർത്തിയിൽ പൂജ ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടായത് ഒരു സംശയമാണ് വാസ്തവത്തിൽ ഉണ്ടോ അനുഭവിക്കാൻ പറ്റുമോ ഒരു മൂർത്തി പൂജയിൽ തന്നെയാ തുടങ്ങിയത് ഒരു വിഗ്രഹ ആരാധനയിൽ തന്നെയാ തുടങ്ങി നിർവികൽപ സമാധി ആത്മസാക്ഷാത്കാരം വരെ അതാണ് വൈദിക സമ്പ്രദായം പുറത്തൊരു മൂർത്തിയിൽ ആരംഭിച്ചാലും ഇപ്പോൾ ഏകസ്മിൻ കാര്യ ശക്തം എന്ന് പറഞ്ഞല്ലോ ഒരു വസ്തുവിൽ പിടിച്ചു നിൽക്കുക പിടിച്ചു നിന്നു നിന്നിട്ടത് സർവത്ര വ്യാപിച്ചു പക്ഷെ ആ സർവ്വത്ര വ്യാപിക്കുന്ന ലക്ഷ്യമുണ്ടല്ലോ അത് മുമ്പിൽ ഉണ്ടാവണം സാക്ഷാത്കാരം ഉണ്ടാവണം ഈ ജന്മത്തിലെ ശരീരം വീണുപോകുന്നതിന് മുമ്പ് മരണത്തിന് മുമ്പ് ഈ ദേഹം വീഴും മുൻ ഭുജിപ്പതർക്ക് ശേരവാറും ജഗത്തീരേ അയുമാനവർ പറഞ്ഞു ഈ ദേഹം വീഴും മുൻ ഈ ശരീരം വീഴുന്നതിന് മുമ്പ് ഭുജിപ്പതർക്ക് ശേരവാറും ജഗത്തീരേ ഭുചിപ്പതർക്കെന്ന് വെച്ചാൽ ഊണ് കഴിക്കാൻ വിളിക്കണ പോലെ ഈ അനുഭവം ഈ സാക്ഷാത്കാരത്തിനായിട്ട് അല്ലെ അത് ലക്ഷ്യം മുമ്പിൽ വന്നാൽ ജീവിതം അങ്ങനെ മാറിപ്പോകും വ്യവസായാത്മിക ബുദ്ധി ഭാഗവതത്തില് നാരദന് വ്യാസഭഗവാനോട് പറഞ്ഞു അതൊന്നു മാത്രമേ ആളുകളുടെ മുമ്പില് വെച്ചു പാടുള്ളൂ അത് മാത്രം വെച്ചു അവരുടെ മനസ്സൊക്കെ പെട്ടെന്ന് അടങ്ങിക്കോളും ഏകാഗ്രമായിക്കോളും ധ്യാനം സിദ്ധിച്ചുകൊളളും എല്ലാം ചെയ്യും അതല്ലാതെ വേറെ എന്തെങ്കിലും ധർമ്മം എന്ന് പറഞ്ഞാൽ പോലും ഇവൻ അതിനെ വിട്ടുകളയും ഈശ്വര സാക്ഷാത്കാരം ആത്മജ്ഞാനം അബ്സലൂട്ട് സ്പിരിച്വൽ എക്സ്പീരിയൻസ് അത് മുമ്പിൽ വെച്ചു കൊടുത്താൽ ബാക്കിയെല്ലാം പുറകെ വരും ക്രിസ്തുവിന്റെ ഒരു വചനം വരുന്ന അതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും Seek ye the kingdom of God and everything else will be added unto you. Bhagavan Paranyu Gita ile enne ni piti chukolle ha. Baak yukka niya noke kolam. Ananyashinta yantomam. Ye janaf paryu pasate tesham nitya bhiukta nam yogakshemam vahamyaham. Ninde yogakshemam jeevita telekari yukka niya noke kolam. Ayan kurcho nnu niva shamikendam. നീ ജനിച്ചതിന്റെ പർപ്പസ് തന്നെ എന്താ ഭഗവത് സാക്ഷാത്കാരമാണ് ഇത് പറയണതാണ് അധ്യാത്മം ജനിച്ചത് ഭഗവത് സാക്ഷാത്കാരത്തിനാണ് വേറെ ഒന്നും ചെയ്ത് കൂട്ടാനല്ല ഈ ഒരു ലക്ഷ്യം ഒരാളുടെ മുമ്പിൽ വന്നാൽ അയാളുടെ ലൗകിക ജീവിതം പോലും ശോഭനമായിട്ട് തീരും ജീവിതം തസ് ശോഭ അയാളുടെ ജീവിതം ശോഭനമായിട്ട് തീരും കാരണം നിത്യമായൊരു ലക്ഷ്യം വന്നു അല്ലെ സാധാരണ ആളുകൾക്ക് കുറച്ചു നേരത്തേക്കുള്ള ലക്ഷ്യമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ കഴിഞ്ഞു ജോലിയിൽ പ്രൊമോഷൻ അതൊക്കെ കഴിഞ്ഞു റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ കാറ്റ് പോയ ബലൂണ് പോലെ എന്താണെന്ന് വെച്ചാൽ ഒന്നും കാണാനില്ല ഇനി എന്ത് ചെയ്യണം ഇവരെയും അവരെയും വിളിച്ച് വർത്തമാനം പറഞ്ഞ് നാട്ടിലുള്ളവർ കണ്ട തലയിൽ തുണ്ടിട്ടിട്ട് പോകും എന്താണെന്ന് വെച്ചാൽ വിളിക്കും ഒരു പണിയുമില്ല വീട്ടിലുള്ളവർ ചോദിക്കണില്ല അല്ലെ ശങ്കരാചാര്യരുടെ കാലം മുതലുള്ള കംപ്ലൈന്റ് ആണ് അത് വാർത്താം പൃഥ്ചതി കോപിനെ ഒരു കാലത്ത് എങ്ങനെ ഉണ്ടായിരുന്നതാണ് ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചാ അങ്ങോട്ട് പോണു ആരും ചോദിക്കണില്ല എന്താന്ന് വർത്തമാനം പറയണില്ല അന്വേഷിക്കണില്ല അപ്പൊ പിള്ളാരും പറഞ്ഞാ കേൾക്കണില്ല പറഞ്ഞ് വയസ്സായിട്ട് ഇരിക്കണു വൈരാഗ്യ ശതകം എന്ന് പറഞ്ഞ് ഭർതൃഹരി എല്ലാത്തിനെയും അനലൈസ് ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഇതിങ്ങനെ നോക്കി നോക്കി നമ്മള് ലോകത്തിലെ ആളുകളുടെ ജീവിതമൊക്കെ കണ്ടു കഴിയുമ്പോ ഒരു വൈരാഗ്യം വരും ലോകത്തിൽ ഭൗതിക പദാർത്ഥങ്ങളെ മാത്രം പിടിച്ചുകൊണ്ടിരുന്നാൽ എവിടം വരയ്ക്കും പോവാം ഞാൻ കണ്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പോകുന്ന സ്ഥലത്ത് ഗംഭീരമായ വീടുകൾ കേരളത്തിലുള്ള പോലെയുള്ള വീടുകൾ ഇന്ത്യയിൽ വേറെ എവിടെയും കാണാൻ പറ്റില്ല പാലസ് പ്ലേഷ്യൽ മനോഹരമായ വീടുകൾ തോട്ടം പണം ഇഷ്ടം പോലെ അതിൽ വയസ്സായ ഒരു താത്താവും ഒരു പാട്ടിയും ഒരു നായും ഒരു മുത്തശ്ശനുണ്ട് ഒരു മുത്തശ്ശിയുണ്ട് ഈ നാട്ടിലത്തെ നായും അല്ല അതുകൊണ്ട് അതിന് എല്ലാ സൗകര്യവും വേണം രാവിലെ എണീറ്റാൽ ഈ മുത്തശ്ശൻ ഒരു മന്ദബുദ്ധി ഡ്രസ്സ് ഇട്ട് അതിനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും ജീവിതത്തില് എന്തെങ്കിലും ഒന്ന് വേണ്ടിയിരിക്കണോലെ കുട്ടിക്കാലം മുതൽ കൗമാരത്തിൽ മുതൽക്ക് ഈ ഭാഗവത ധർമ്മത്തിൽ രുചിച്ചിരുന്നുവെങ്കിൽ വയസ്സാവുമ്പോ അത് പഴുത്ത് പഴുത്ത് പഴുത്ത് പഴുത്ത് യോഗം എന്ന് പറയണത് കാലം കൊണ്ട് ജ്ഞാനം എന്ന് പറയണത് തക്ഷണത്തിൽ വരണതാണ് യോഗമെന്ന് പറയണത് അഭ്യാസം കൊണ്ട് പതുക്കെ കാലം കൊണ്ട് ശരീരത്തിനെ നിയമനം ചെയ്ത് മനസ്സിനെ സംയമം ചെയ്ത് നനക്ക് ശാന്തി വേണോ സുഖം വേണോ ഭഗവാൻ ഉദ്ധവരോട് ചോദിക്കുകയാണ് ഭാഗവതത്തിൽ നനക്ക് ശാന്തി വേണോ വാക്കിനെ അടക്കൂ മനസ്സിനെ അടക്കൂ ഇന്ദ്രിയങ്ങളെ അടക്കൂ ആത്മാനം ആത്മന യൽപസേന അധ്വാനി ഇന്ദ്രിയങ്ങളെ അടക്കൽ മനസ്സിനെ ഡിസിപ്ലിനിൽ കൊണ്ടുവരുന്നത് താളത്തിൽ കൊണ്ടുവരുന്നത് ഭക്തി പഠിപ്പിക്കൽ ഒരു ഒരു ധർമ്മത്തിന്റെ പഥത്തിൽ കൊണ്ടുവരാൻ ഒരു ജീവിതം മുഴുവൻ വേണം ചെറുപ്പകാലം മുതൽ തുടങ്ങിയ വയസ്സാവുമ്പോൾ പൂത്തും മധുരമായിട്ട് ആ വരും ഒരു സ്വീറ്റ്നെസ് വരും വാർദ്ധക്യത്തിനൊരു ബ്യൂട്ടി ഉണ്ട് തപസ്സിനൊരു ബ്യൂട്ടി ഉണ്ട് രാമായണത്തില് ശൂർപ്പിണക നല്ല വണ്ണം ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് വന്നു രാമന്റെ മുമ്പിൽ വന്ന് നിന്നു രാമൻ മയങ്ങില്ല അല്ലേ അതേ രാമൻ ഒരു സ്ത്രീയുടെ അഴകു കണ്ടിട്ട് ലക്ഷ്മണനോട് പറയാ എന്തൊരു അഴകാ എന്തൊരു ബ്യൂട്ടി ആരാ എന്ന് വെച്ചാൽ വയസ്സായൊരു തള്ള ശബരി പ്രവാതെ കദളീയഥാ നല്ല കാറ്റിലാടുന്ന വാഴ പോലെ ആടുന്നു തലയൊക്കെ വെള്ളിക്കമ്പിയായി വായിൽ പല്ലില്ല തപസ്സുകൊണ്ട് അങ്ങനെ ഒരു മനോഹാരിത ആന്തരികമായ ഹൃദയത്തിന്റെ ഒരു സൗന്ദര്യം ജീവിതം മുഴുവൻ ത്യാഗം ചെയ്ത് ചില വീട്ടിലെ അമ്മമാരൊക്കെ ഉണ്ട് ജീവിതം മുഴുവൻ പണിയെടുത്ത് പണിയെടുത്ത് പണിയെടുത്ത് നിസ്വാർത്ഥമായി അവർ പ്രത്യേകിച്ച് ജ പൂജ ചെയ്യോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ലേ പക്ഷെ അവസാനാവുമ്പോ ഒരു പഴുത്ത പഴമായിട്ടങ്ങനെ ഇരിക്കും സ്വീറ്റ് ഫ്രൂട്ട് ത്യാഗത്തിന്റെ ഒരു ഒരു ഒരു പരിമളം അതിലുണ്ടാവും ഒരു സുഗന്ധമതിലുണ്ടാവും ഒരു ശാന്തി ഉണ്ടാവും അതാണ് യോഗം എന്ന് പറയുന്നത് ആ യോഗം പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ സമ്പാദിക്കേണ്ടതാണ് എന്നിട്ട് ഹൃദയത്തില് ഭഗവാനെ സാക്ഷാത്കരിച്ച് ആ ഭഗവത് ധ്യാനത്തില് ശരീരത്തിനെ വിടണം അന്തകാലെ ച സ്മരൻ മുക്വാളേ വരം ഗതി ഭഗവാൻ പറഞ്ഞു അവൻ പരമമായ ഗതിയെ പ്രാപിക്കും എന്നെ സ്മരിച്ചുകൊണ്ട് എന്നെ ധ്യാനിച്ചുകൊണ്ട് അന്ധകാലത്തിലെങ്കിലും അവന് ആ സമാധി സിദ്ധിച്ചാൽ അവൻ വിമുക്തനായിട്ട് തീരുമു ഹോൾ ലൈഫ് ജീവിതത്തിന് മുഴുവൻ ഇത് ലക്ഷ്യം മുമ്പിൽ ഉണ്ടാവണം ഇങ്ങനെ ഒരു സാക്ഷാത്കാരം സാധ്യമാണ് മഹാപുരുഷന്മാരുടെ ജീവിതമൊക്കെ നമ്മുടെ മുമ്പിൽ ദർശനം തരേണ്ടത് എന്താന്ന് വെച്ചാൽ ഈ മനുഷ്യ ശരീരത്തിൽ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് പറയാം ഈ ദേഹം അല്ലാതെ ഉള്ളിൽ ഒരു വസ്തു ഉണ്ട് അതിനെ നമുക്ക് സാക്ഷാത്തായിട്ട് അറിയാനും അനുഭവിക്കാനും അതിൻ്റെ ഒരു മണ്ഡലത്തില് ഇരിക്കാനും നമുക്ക് സാധിക്കുമെന്ന് നമുക്കൊരു ക്ലൂ തരാനായിട്ടാണ് ജീവൻ ജ്ഞാനികളെ ലോകത്തില് വെച്ചിരിക്കണത് ഭഗവാൻ അവരെ കാണുമ്പോ ഓ ഇത് സാധ്യമാണ് അവര് പറയണു ഇത് നിനക്ക് സാധ്യമാണ് ഏത് അറിവുകൊണ്ട് പരിണമിക്കാതെ മാറാതെ നിൽക്കുന്ന ബോധം സാക്ഷി അറിയപ്പെടുന്നുവോ ചൈതന്യം അറിയപ്പെടുന്നുവോ ആ അറിവ് സാത്വികം ഏതറിവ് കൊണ്ട് മനസ്സ് പല പല പല വിഷയങ്ങളിലേക്ക് പോകുമോ ഒരുപാട് വിഷയങ്ങളിലേക്ക് വ്യാസനോട് നാരദൻ പറഞ്ഞു തത്തോ അന്യഥാ കിഞ്ചന യദ്വക്ഷത ഈ ആത്മസാക്ഷാത്കാരമല്ലാതെ വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടെന്ന് തരിമ്പ് പോലും കാണിച്ചു കൊടുത്താൽ മനുഷ്യന്റെ മനസ്സതിലേക്ക് പോകും ഇപ്പൊ തന്നെ ഒരു പ്രഭാഷണത്തില് ഒരുപാട് വേദാന്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു തമാശ പറഞ്ഞാൽ മതി പോകുമ്പോൾ ആ തമാശ മാത്രമേ ഉള്ളിലുണ്ടാവുള്ളൂ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്രേ റീട്ടൈനിങ് പവർ ഉള്ളൂ നമ്മളുടെ വാസനക്ക് സംസ്കാരത്തിനനുസരിച്ചിട്ടുള്ള കാര്യമേ നമ്മളുടെ ബുദ്ധിയിൽ നിൽക്കുള്ളൂ അതുകൊണ്ട് വ്യാസർക്ക് ദീക്ഷ കൊടുക്കുമ്പോ നാരദൻ പറഞ്ഞു ആ ലക്ഷ്യം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം മനുഷ്യന് മനുഷ്യൻ മറന്നു പോകും അവനിങ്ങനെ ഒരു കാര്യം സാധ്യമാണെന്ന് തന്നെ ഓർമ്മയില്ല ഭഗവാൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ട ഒരു കാര്യം വിശ്വാസം എന്താ ഈ വിശ്വാസം എന്ന് എനിക്ക് പിന്നെയും പിടിക്കാം എന്തോ ഒരു എന്നാണ് ശാസ്ത്രം പറയണത് അല്ലേ ശ്രദ്ധ അനുഭൂതി അനുഭവ അപരോക്ഷ അനുഭവ പ്രത്യക്ഷമായിട്ട് സാക്ഷാത്കരിക്കാൻ നോക്കും നമ്മളുടെ ഉള്ളില് ആ ഊനുക്കുൾ ഈശൻ ഒളിന്തിരന്താനേ തിരുമൂലർ പറഞ്ഞു എള്ളിന്റെ ഉള്ളിലെ എണ്ണ പോലെ വിറകിന്റെ ഉള്ളില് തീ പോലെ ഈ ശരീരത്തിന്റെ ഉള്ളില് ഈശ്വരൻ ഒളിഞ്ഞിരിക്കുന്നു ഗൂഢമായിട്ടിരിക്കുന്നു ഈശ്വരോ ഗൂഢബോധ അഗൂഢബോധമായിട്ടിരിക്കുന്ന ആ ഈശ്വരനെ സാക്ഷാത്കരിക്ക എങ്ങനെ സാക്ഷാത്കരിച്ചു സാക്ഷാത്കരിച്ച പരമഹംസന്മാരെ കണ്ടപ്പോ ആ വരൂ ഇരിക്കൂ ഞങ്ങൾക്കൊന്ന് പറയുവ ഭാഗവതത്തില് ഈശ്വരോ ഗൂഢബോധ എന്ന് പറഞ്ഞത് ഭഗവാന്റെ സഹികൾ അവരൊക്കെ കൂടെ ഉണ്ട് ആ ഘട്ടത്തിലാ വരണത് ഒരു സത്സംഗത്തിലെ ഒരു മഹാത്മാവിനെ ഒരു പരമഹംസനെ വിളിച്ചിരുത്തി ഞങ്ങൾക്ക് ഭഗവത് കഥ പറയൂ എന്ന് ചോദിക്കുന്നതിനെ ഒരു മനോഹനോഹരമായി ചിത്രീകരിച്ചിരിക്കുക ഹംസ സ്വാഗതം കഥ ഹംസസ്വാഗതം ആസ്യതം ഹേ ഹംസമേ വരൂ ഭഗവാന്റെ കഥകൾ ഭഗവത് കഥകൾ പറയൂ എന്ന് ചോദിച്ച് മനസ്സിലാക്കാനും അറിയേണ്ടതാണ് അപൃഷ്ടേന കസിജിത് ബ്രൂയാ ചോദിച്ചിട്ടില്ലെങ്കിൽ പറയരുതെന്ന് അങ്ങനെ ചോദിച്ച് നമ്മളുടെ ഉള്ളിൽ മാറാതെ ഇരിക്കുന്ന നമ്മളുടെ സ്വരൂപത്തിനെ കേൾക്കണം കേട്ട് കഴിഞ്ഞാൽ ഏകാന്തത്തിൽ ഇരുന്ന് ഞാൻ ആര് എന്ന് വിചാരം ചെയ്യണം ഞാൻ എന്താണ് എന്റെ സ്വരൂപം എന്താണ് എന്ന് ആരായുമ്പോ ഈ ശരീരം ഞാനല്ല മനസ്സ് ഞാനല്ല ബുദ്ധി ഞാനല്ല അഹങ്കാരം ഞാനല്ല എല്ലാം തള്ളിക്കളഞ്ഞു കഴിയുമ്പോ ആകാശം പോലെ അതിർ അനന്തമായി പൂർണ്ണമായ ബോധം ഹൃദയത്തില് പ്രകാശിക്കും മനോബുദ്ധി അഹങ്കാര ചിത്താനിനാഹം നചശശ്രോത്രജിഹേ നചഗ്രാണനേത്രേ നച്ച വ്യോമ ഭൂമി തേജോന വായു ചിതാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപമായ ശിവം ആ ബോധമാണ് ഞാൻ എന്ന അനുഭൂതി ഹൃദയത്തില് പ്രകാശിക്കും ആ അറിവ് സാത്വികമായ അറിവ് എന്ന് പറഞ്ഞു ആ അറിവ് നിർവൃത്തി തരും ജീവിതത്തിനെ കൃതകൃത്യമാക്കി തീർക്കും പൂർണമാക്കി തീർക്കും രാജസമായ അറിവ് മനസ്സിന് വിക്ഷിപ്തമാക്കും വിക്ഷുബ്ധമാക്കും അല്ലേ പേപ്പർ വായിച്ചാൽ കൃപാനന്ദ വാരിയർ പറയും ആഴമാ പഠിക്കുന്ന അകലമാ പഠിക്കണമെന്ന് പറയും ആഴമായിട്ട് ഉള്ളിൽ പോകാൻ പറഞ്ഞ വീതി ആയിട്ടാണോ വീതി എന്താണെന്ന് വെച്ചാൽ ന്യൂസ് പേപ്പർ ന്യൂസ് എന്താ ഉള്ളത് അവിടെ ആകെപ്പാടം നമുക്ക് വിശ്വസിക്കാവുന്നത് ഈ കോളം മാത്രാണ് ഇന്ന ആള് മരിച്ചു അത് കണ്ടിട്ടെങ്കിലും വൈറാക്കി അല്ലേ പല വിഷയങ്ങളുള്ളൽ കയറ്റി ഡിസ്ട്രാക്ഷൻസ് പിന്നെ ഏകസ്മിൻ കാര്യസക്ത മഹൈതം ഒരു കാരണമില്ലാതെ ഒരു വിഷയത്തിൽ ഒട്ടിപ്പിടിച്ച് മനസ്സ് ആസക്തമായിട്ടിരിക്കുന്നു ഇത് താമസം എന്ന് പറഞ്ഞു അതേപോലെ കർമ്മവും നിഷ്കാമ്യമായിട്ട് സംഗരഹിതമായിട്ട് നിയതകർമ്മം ഫലേച്ച കൂടാതെ ചെയ്യുന്നത് സാത്വികം ആഗ്രഹത്തോടു കൂടെ ഹങ്കാരത്തോടുകൂടെ പലവിധ സാമഗ്രികളോടുകൂടെ ചെയ്യുന്നത് രാജസം വരും വരായികൾ ചിന്തിക്കാതെ നമ്മളുടെ തേജസ് നമ്മളുടെ ഉള്ളിലുള്ള ഓജസ് ഒക്കെ ക്ഷയിപ്പിക്കുന്നതും നമുക്കും മറ്റുള്ളവർക്കും ഹിംസയുണ്ടാക്കുന്നതും നമ്മളുടെ ഉള്ളിലുള്ള വിൽ പവർ ആ വിൽ പവർ എന്ന് പറയുന്നത് ഇച്ഛാശക്തി എന്ന് പറയണത് നമ്മളുടെ അല്ല ഈശ്വരന്റെ കൃപ ഒരാൾക്ക് കൃപ വന്നു എന്നുള്ളതിന് ലക്ഷണം തന്നെ അയാളുടെ ഉള്ളിലുള്ള ഇച്ഛാശക്തി മോക്ഷമാർഗത്തിൽ ഘടിക്കും ഇന്ദ്രിയ നിഗ്രഹം ചെയ്യാനും മനോനിഗ്രഹം ജപം ചെയ്യാനും ധ്യാനം ചെയ്യാനും ഒരു ഒരു കറണ്ട് സഡൻ സഡൻലി ഇറ്റ് വിൽ ഗെറ്റ് അവേക്ക് ഒരു ഊർജം പെട്ടെന്ന് അങ്ങോട്ട് വരും എന്തും വിചാരിച്ചത് ചെയ്യാനുള്ള ശക്തി ആ ഇച്ഛാശക്തി ഈശ്വരാനുഗ്രഹമാണ് ആ പൗരുഷമും ഇല്ലാതായിട്ട് തീരു താമസം കൊണ്ട് തമോ ഗുണം കൊണ്ട് എപ്പൊ നോക്കിയാൽ ഉറങ്ങുക എണീപ്പിച്ച ഇപ്പോഴെല്ലേ എണീട്ടുള്ളൂ കുറച്ചുനേരം റെസ്റ്റ് എടുക്കട്ടെ എന്നാണ് ഉറങ്ങ ഉണ്ണുക ഉറങ്ങുക ഉണ്ണുക ഉറങ്ങുക ഒരു കർമ്മം ആ പിന്നെ നാളെ ആവാം നാളെ നാളേത്തി നാളേത്തി നീള നീളേ പുന अनुबंधं ിംസാം അനപേക്ഷരഭ്യതം മോഹം കൊണ്ട് ചെയ്യുന്ന കർമ്മുണ്ടല്ലോ അത് താമസം ഇനിയിപ്പോ നോക്കാം ജീവൻ മുക്തന്റെ കർമ്മം അടുത്ത ശ്ലോകം മുക്തസംഗോനഹംവാദി ധൃത്യുസാഹസമന്വിത कर्ता तामस സിദ്ധ്യോ നിർവി കർത്താമസാത്വ്യത്തെ മുക്തസംഗ സംഘം യാതൊരു വിഷയത്തിലും അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ആള് എന്നുവച്ചാൽ ഏതിന്റെ ഉള്ളിൽ കിടന്നാലും ഒരു ചളിയും അയാളുടെ മേലെ പറ്റില്ല ഈ മത്സ്യം ചളിയുടെ ഉള്ളിൽ കിടക്കും മത്സ്യം എടുത്തു നോക്കുന്ന പഴപേ ചളിയുടെ ഉള്ളിൽ കിടക്കുന്ന മീനിന്റെ മേലെ ചളി അതുപോലെ സംസാരത്തിൽ കിടക്കുന്നു ലോകത്തിൽ കിടക്കുന്നു വള്ളം വെള്ളത്തിൽ കിടന്ന കുഴപ്പമില്ല വെള്ളം വള്ളത്തിൽ കയറിയ ബുദ്ധിമുട്ട് വള്ളം വെള്ളത്തിൽ തന്നെ കിടക്കണം പക്ഷെ വെള്ളം വള്ളത്തിൽ കിടക്കാൻ പാടില്ല വെള്ളം വള്ളത്തിൽ കിടന്നാൽ വള്ളം മുങ്ങും അപ്പൊ ലോകത്തിൽ ഇരിക്കുന്നു താമരയില പോലെ ഇരിക്കുന്നു മുക്തസംഘനായിട്ടിരിക്കുന്നു അനഹംവാദി ഞാൻ ഞാൻ എന്ന് പറയണില്ല എന്റെ കാര്യം എന്റെ കാര്യം എന്റെ ജീവിതം എന്ന് പറഞ്ഞ് സദായി മേ മേ മേ മേ മേ എന്ന് പറഞ്ഞു എൻ്റെ എൻറെ എൻറെ നീലകണ്ഠ ദീക്ഷിതർ വലിയ കവിയാണ് ഒരു ദിവസം അവിടെ ഒരു വലിയ ജമീന്ദാർ അദ്ദേഹം ദിവസം വിളിക്കും ദീക്ഷിതരെ വിളിച്ചിരുത്തിയിട്ട് വർത്തമാനം പറയും പല ആളുകളിൽ ലൌകികന്മാര് നമ്മളെ വർത്തമാനം പറയാൻ വിളിച്ചാൽ അവരുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ അവരുടെ കേമത്തൊക്കെ നമ്മളോട് പറയണം പിന്നെ അവരുടെ മക്കള് അമേരിക്കയിലുണ്ട് അറ്റ്ലാന്റിലുണ്ട് സ്വിറ്റ്സർലാൻഡിലുണ്ട് യൂറോപ്പിലുണ്ട് എന്തെങ്കിലുമൊക്കെ പറയണം അത് നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതൊന്നും അവർ കേൾക്കില്ല നമ്മൾ നിർക്കാൻ നിർത്താൻ വേണ്ടി കാത്തുകൊണ്ടിരിക്കും നിർത്തിയാ തുടങ്ങും ഇതൊരു സൂക്കേടാണ് അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു എന്റെ കാര്യം എന്റെ കാര്യം പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പൊ നീലകണ്ഠ ദീക്ഷിതർ പറഞ്ഞു നിങ്ങളെക്കുറിച്ച് ഞാനൊരു കവിത ചൊല്ലട്ടെ ചോദിച്ചു ശ്ലോകം എനിക്ക് നീലകണ്ഠ ദീക്ഷിതർ നമ്മളെ ഒരു ശ്ലോകം ചൊല്ലുക വെച്ചാൽ അപ്പൊ പറഞ്ഞു േ തനയാ ഇമേ മേ ഗൃഹ പശവശ മേ മേ ഏഷസമാനധർമ്മേണീറേ ഭാര്യ തനയായിമേ മേ എൻ്റെ മകൻ എൻ്റെ കുട്ടികൾ ഗൃഹ ഇമേ മേ ഇതെന്റെ എൻ്റെ ഫ്ലാറ്റ് എന്റെ ബംഗ്ലാവൺ പശവശമേ എന്റെ വീട്ടിൽ മാട് കാർ ഏവം നരോ ഇങ്ങനെ മനുഷ്യൻ മേശ സമാനധർമ്മ ആടുപോലെ മേ മേ മേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ കാട്ടിലെ നരി പിടിച്ചുകൊണ്ടുപോകുന്ന പോലെ ആടിനെ പിടിച്ചു പോലെ ഈ മനുഷ്യനെയും അവസാനം കാലൻ കയറിട്ട് പിടിച്ചു കാലവൃഗയാണ് നീത അയാൾ കൊണ്ടുപോയിന്നു അതുകൊണ്ട് തത്വമറിഞ്ഞ ആൾക്ക് തന്റെ സ്വരൂപം അറിഞ്ഞ ആൾ ഒന്നിനോടും പറ്റുമാനമില്ലാത്ത മുക്തപുരുഷൻ അയാളുടെ ഉള്ളിൽ ഞാൻ എന്ന് പറയുന്ന വൃത്തിയുണ്ടല്ലോ അധികം പ്രവർത്തിക്കില്ല അതൊരാശ്ചര്യമാണ് നമുക്ക് പ്രാക്ടിക്കലി വ്യവഹരിച്ചു നോക്കുമ്പോൾ കാണാം ഈ ഞാൻ എന്നുള്ള വൃത്തി ഓപ്പറേറ്റ് ചെയ്യാതെ വ്യവഹരിക്കാനേ പറ്റില്ല എന്ത് വ്യവഹാരം എന്നാലും നാച്ചുറലി ദിസ് വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ് അല്ലേ നമ്മൾ ഒരു ഗവൺമെന്റിൽ അപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ ഉടനെ നമ്മൾ ആരാണെന്ന് ഡിഫൈൻ ചെയ്യണം നമ്മളുടെ പേര് നമ്മളുടെ ജാതി അല്ലാതെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ പറയും സമൂഹം എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കണം നുണ പറഞ്ഞുകൊണ്ടേയിരിക്കണം സത്യം പറയാൻ പറ്റില്ല സത്യം പറഞ്ഞ് സത്യം അറിഞ്ഞ് ലോകത്തില് ജീവിക്കാൻ ഒക്കില്ല ജീവിക്കാൻ സമ്മതിക്കില്ല ശങ്കരാചാര്യർ ഒരു കുട്ടിയോട് ചോദിച്ചു നീ ആരാണ് ചോദിച്ചു ഹസ്താമലകൻ എന്നു പേര് കസ്ത്വം ശിശോ കസ്യ കുത്തോ കിം നാമതേത്വം കുതാഗത്തോസി എവിടുന്നു വരണു നിന്റെ പേരെന്താ നീ ആരാപ്പാ കർണാടകത്തില് ആ കുട്ടിയെ എതിർച്ചയാ കാണുകയാണ് ആ കുട്ടി കണ്ട മന്ദബുദ്ധി പോലും ഉണ്ടാതിരിക്കണോ പക്ഷേ ശ്രീശങ്കരൻ മനസ്സിലാക്കി ഇവിടെ ഈ അഗ്നി ചാരം കൊണ്ട് മൂടിക്കിടക്കുന്ന പോലെ ഈ ബാലൻ ഇങ്ങനെ വർത്തിക്കുകയാണ് തട്ടി ഉണർത്തിയാൽ ഉള്ളിൽ നിന്നും ഒരു ദിവ്യവാണി പുറത്ത് വരുമെന്നറിയാം അതുകൊണ്ട് വിളിച്ചു ചോദിച്ചു കുട്ടി നീ ആരാണ് എന്റെ പേരെന്താ എന്റെ സ്വരൂപം എന്താ നിനക്ക് വലതു ഓർമ്മയുണ്ടോ നാഹം മനുഷ്യ എന്ന് പറഞ്ഞു ആ കുട്ടി ആദ്യം നീ ആരാ പറഞ്ഞു ഞാൻ മനുഷ്യനൊന്നുമല്ല പിന്നെന്താ ദേവനാണോ നച്ച ദേവ യക്ഷവും ഞാൻ ദേവനോ യക്ഷനോ ഒന്നുമല്ല എന്നെ കണ്ട ബ്രാഹ്മണകുട്ടി പോലെ ഉണ്ടല്ലോ ന ബ്രാഹ്മണ ക്ഷത്രിയനാണോ നക്ഷത്രിയ അപ്പൊ നീ വൈശ്യനാണോ നൈശ്യൂദ്രണോ അല്ലെഹസ്ഥനല്ലേ നൃഹി വാനപസ്താണോ നനസ്ഥന്യാസോടുത്തു നിക്ഷു പിന്നെ നീ ആര നഹം മനുഷ്യോ നവയക്ഷോ നക്ഷത്രയവൈശ്യശൂദ്രാ ീന ഗ്രഹീവനസ് ഞാൻ നിജബോധരൂപനാണ് ആത്മാവാണ് ചൈതന്യമാണ് ഞാൻ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഒന്നുമല്ല ഞാൻ നിജബോധരൂപനാണ് ഞാൻ ബ്രഹ്മമാണ് ഞാൻ ജനനം മരണമില്ലാത്ത പൂർണ്ണ വസ്തു ആണെന്ന് ഇങ്ങനെ പറഞ്ഞു ലോകത്തിൽ നടക്കാൻ പറ്റുമോ എന്ന് പറയൂ ബസ്സിൽ കയറി എവിടെ പോണെന്ന് ചോദിച്ചാൽ എല്ലാദേശവും എന്നിലാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിവേകാനന്ദ സ്വാമിയോട് ഒരു ശിഷ്യൻ പറഞ്ഞു സ്വാമിജി നോ യു ആർ ഇൻ അൽമേഡ് ഒരു സ്ഥലം അപ്പൊ സ്വാമി പറഞ്ഞു നോ ദ എൻറ്റയർ യൂണിവേഴ്സ് ഈസ് ഇൻ മീൻ പ്രപഞ്ചം മുഴുവൻ എന്നിൽ ആത്മാവായ എന്നില് ഒരു പ്രതിഭാസം മാത്രമാണ് ഇതിന് മുഴുവൻ അധിഷ്ഠാനമായിട്ടിരിക്കുന്ന ചൈതന്യമാണ് ഞാൻ ആ അറിവുണ്ടെങ്കിൽ ആ അറിവ് നമുക്ക് മുക്തിക്കൊക്കെ ഹേതുവാണ് അല്ലേ